and കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു അങ്ങനെ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തു സന്യാസം എന്നു പറയുന്ന വിഷയമാണ് അതായത് നച്ച കാര്യ പ്രതിപത്യഭിസന്ധി അവിടെ ഉപാസകൻ കാര്യ ബ്രഹ്മത്തെയാണ് പ്രാ പരബ്രഹ്മത്തെ അല്ല എന്നുള്ള കാര്യമാണ് സിദ്ധാന്തം അതിൽ മറ്റു പക്ഷങ്ങളും എല്ലാം കാണിച്ചു അവിടെ പ്രാപ്തി അപ്രാപ്തി എന്നുള്ള വിഷയം വന്നപ്പോ വന്നു അത് കൂടാതെ സന്യാസത്തെ കുറിച്ച് പറഞ്ഞതിനൊരു ഒരു കാരണം കൂടെയുണ്ട് ഉം എന്താണ് ഒരാള് സന്യാസത്തെ കുറിച്ച് പറയണമെന്നാവശ്യപ്പെട്ടു ഇവിടുന്ന് അതാണ് ഒരു കാരണം ഇപ്പൊ സന്യാസത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇപ്പൊ വീണ്ടും ഒരാൾ എന്നോട് വീണ്ടും അത് പോരാ സന്യാസത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ ആളുകൂടെ ശരി ചിലപ്പോ ചോദിക്കുന്ന ആള് സ്ഥലത്ത് കാണത്തില്ല ഞാനും തീരുമാനിച്ച് ആ ചോദിച്ച ആള് ക്ലാസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സന്യാസിയെ കുറിച്ച് പറയൂന്ന് തീരുമാനിച്ചിട്ടാന്ന് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇരിപ്പുണ്ട് ഞാൻ പറയുന്ന നിങ്ങൾ കേക്കണ്ടേ അപ്പൊ അതുകൊണ്ട് സന്യാസത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ സന്യാസത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേ പറയുന്നത് കുറച്ച് ലൂസാണ് വേദവാക്യം പോലെ ഓരോന്ന് തനി വന്ന് വീഴുന്നതാണ് അപ്പൊ അവിടെ ഞാൻ ഈ സന്യാസത്തെ കുറിച്ച് പറയുമ്പോ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സന്യാസത്തിന് നാല് പാദങ്ങളാണ് പറയുന്നത് ഒന്ന് സന്യാസ ദീക്ഷ രണ്ട് സന്യാസിയുടെ ആചരണം മൂന്ന് സന്യാസത്തിൻ്റെ തത്വം നാല് സന്യാസത്തിൻ്റെ ഫലം അങ്ങനെ നാല് പാദങ്ങളോട് കൂടിയതാണ് സന്യാസം അതിൽ സന്യാസ തത്വത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട് ഫലവും പറഞ്ഞിട്ടുണ്ട് സന്യാസിയുടെ ആചരണക്കുറി കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളുടെ അടി അടിസ്ഥാനത്തിൽ വിശേഷമായി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അതധികം പറയാത്ത കാരണം സന്യാസിയുടെ ആചരണത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കാർക്കും അത് ആചരിക്കാൻ കഴിയത്തില്ല പറയുന്ന എനിക്കും കഴിയത്തില്ല കേൾക്കുന്ന നിങ്ങൾക്കും കഴിയത്തില്ല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കഴിയത്തില്ല എന്ന് പറഞ്ഞു ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കഴിയത്തില്ല അപ്പോൾ സന്യാസത്തെക്കുറിച്ച് പ്രധാനമായും പറയുന്നത് സ്മൃതികളിലും പുരാണങ്ങളിലുമാണ് പത്മപുരാണം കൂർമ്മ പുരാണം ഗരുടപുരാണം വിഷ്ണുപുരാണം ഇതിലെല്ലാം ശിവപുരാണം ഇതിലെല്ലാം സന്യാസിയെക്കുറിച്ച് പറയുന്നു പിന്നെ വരുന്നത് സ്മൃതികൾ മനുസ്മൃതി ദേവലസ്മൃതി ദക്ഷസ്മൃതി കപിലസ്മൃതി വശിഷ്ട സ്മൃതി ഞാൻ ഈ പറയുന്ന ഏകുമ്പോ ഈ സ്മൃതികളൊന്നും ഇന്നില്ലെന്ന് വിചാരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ലൂസ് ലൂസ് പോയി ഇങ്ങനെയുള്ള സ്മൃതികളിലെല്ലാം സന്യാസിയെ കുറിച്ച് പറയും സന്യാസത്തിന്റെ ഈ സ്മൃതികളിലും ഈ പറയുന്ന പുരാണങ്ങളിലും എല്ലാം പറയുന്ന സന്യാസത്തിന്റെ രീതികളെല്ലാം കൂടി ചിട്ടപ്പെടുത്തി അതാണ് യഥിധർമ്മ സംഗ്രഹം യഥിധർമ്മ സമുച്ചയം ത്രൈവർണിക സന്യാസ വിധി ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ ഇതുമെല്ലാം ഇപ്പോൾ പ്രിന്റ് ആയി കിട്ടത്തില്ലെങ്കിൽ ഇതെല്ലാം ആർ കിവിസിൽ കിട്ടും ഇന്റർനെറ്റ് ആർ കിവിസിൽ ഇതെല്ലാം കിട്ടുന്നതാണ് ഇതൊന്നും ഉപലബ്ധമല്ലാത്ത സംഗതികളല്ല ഇന്നും കിട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതിലെല്ലാം തപ്പി നോക്കിയാൽ മതി പക്ഷെ എല്ലാം സംസ്കൃതത്തിലാണ് അതുകൊണ്ട് സംസ്കൃതം അറിയാത്തവർക്ക് പ്രയാസമായി ഹിന്ദിയിലും കാണും മലയാളത്തിൽ കുറവാണ് അപ്പോൾ അതില് ഒന്നാം പാദം സന്യാസ ദീക്ഷ സന്യാസ ദീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നത് സ്വ സമ്പ്രദായ അനുസാരണ എന്നാണ് അപ്പോൾ മുഖ്യമായ കാര്യങ്ങളിൽ ചില മുഖ്യമായ ചില വിഷയങ്ങൾ എല്ലാത്തിനും പൊതുവെ പറയുന്നുണ്ടെങ്കിലും സന്യാസം ഓരോരുത്തരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച് ചെയ്യാവുന്നതാണ് അത് പൊതുവേ പറയും ഈ സന്യാസത്തിൻ്റെ ഓരോ ചടങ്ങുകൾ പറയുമ്പോഴും അവിടെ പറയും സ്വസമ്പ്രദായം ഈ സ്വസമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ദാമസമ്പ്രദായം ദശനാമികളുടെ സമ്പ്രദായം ഈ ദശനാമികളുടെ സമ്പ്രദായത്തിൽ തന്നെ പൊതുവായൊരു ഘടനയുണ്ട് എങ്കിലും ഇപ്പോൾ ഓരോ ആശ്രമങ്ങളിലും പരമ്പരയായി ചെയ്തു വരുന്ന ഈ സന്യാസവിധിയെന്നും ഈഷദ്ഭേദത്തോടു കൂടിയാണ് അതായത് ചെറിയ ഭേദത്തോടു കൂടിയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പൊ സന്യാസ ദീക്ഷാ വിധിയെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവായിട്ടേ പറയാൻ പറ്റും അങ്ങനെ പറയാം പക്ഷെ അങ്ങനെ പറയുമ്പം നമ്മൾ അനുഷ്ഠിക്കുന്ന സന്യാസ രീതികളുമായിട്ട് അതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് കാരണം എന്നിട്ട് പിന്നെ സ്വയം കൺഫ്യൂഷനാകരുത് അപ്പോ ഒരു ഗുരുവന് സ്വയം തന്നെ സന്യാസ സമ്പ്രദായം ഉണ്ടാക്കാം അപ്പോൾ അത് സ്വതന്ത്രമായിരിക്കും അപ്പോൾ ദശനാമ സമ്പ്രദായം അനുസരിച്ച് തന്നെ ആയിരിക്കണം എന്നാർക്കും പറയാൻ പറ്റില്ല വേറെ ഒര്ക്ക് അതിൽ കൈയ്യെടുത്താനൊന്നും അവകാശമില്ല അതുകൊണ്ട് പല ഗുരുക്കന്മാരും അവരവരുടേതായ രീതിയിൽ തന്നെ സന്യാസം ദീക്ഷ പദ്ധതികളെല്ലാം അവരവരുടെ രീതിയിലാണ് ദശനാമത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം പിന്നെ സ്വതന്ത്രമായി ഏതൊരു ഗുരുവിനും സന്യാസ ഒരു ദീക്ഷാ സമ്പ്രദായം ഉണ്ടാക്കാം അതുകൊണ്ട് സന്യാസ ദീക്ഷയെക്കുറിച്ച് പറയാം പക്ഷെ നിങ്ങൾ സ്വയം പിന്നെ അത് കൺഫ്യൂഷൻ ആക്കരുത് ആക്കിയാലത് നിങ്ങളായിരിക്കും എൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും എനിക്കല്ല കേരളത്തിൽ തന്നെ സന്യാസ സമ്പ്രദായങ്ങൾ പലതാണ് ഇപ്പോ തീർത്ഥവാദ സമ്പ്രദായം കുറച്ച് പഴയ സമ്പ്രദായം പറയണെങ്കിൽ ഈ ശങ്കരസമ്പ്രദായം പോട്ടേ കാരണം അത് വളരെ പ്രാചീനമാണ് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ദശനാമ സമ്പ്രദായം അതിൽ ദശനാമ സമ്പ്രദായം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശങ്കര മഠങ്ങളുടെ സമ്പ്രദായം വേറെയാണ് രണ്ടും രണ്ട് രീതിയിലാണ് വ്യത്യാസമുണ്ട് അതിൽ പോലും പിന്നെ ഇവിടെ കേരളത്തിലുള്ള തീർത്ഥവാദ സമ്പ്രദായം അത് ചട്ടമ്പിസ്വാമിയുടെ പരമ്പരയും അപ്പം അതിലാണെങ്കിൽ കുറച്ച് ശൈവ സമ്പ്രദായത്തിൻ്റെ സ്വാധീനമുണ്ട് അപ്പോൾ ചട്ടമ്പിസ്വാമി തന്നെ സന്യാസ ദീക്ഷ കൊടുത്തതായിട്ട് ശിശിമാർ പറയുന്നുണ്ട് പക്ഷെ അത് സാധാരണ രീതിയിലല്ല പക്ഷെ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ദീക്ഷാസമ്പ്രദായം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വീണ്ടും അവർ മാറ്റങ്ങൾ വരുത്തി കുറേയൊക്കെ ദശനാമ സമ്പ്രദായത്തോട് യോഗിച്ചു പോകുന്ന രീതിയാണ് പൂർണ്ണമായും ദശനാമ സമ്പ്രദായമല്ല തീർത്ഥവാദ സമ്പ്രദായം പിന്നെ വരുന്നത് ശിവഗിരിയുടെ സമ്പ്രദായമാണ് അത് ഗുരു ഏർപ്പെടുത്തിയൊരു സമ്പ്രദായമാണ് ഗുരു ആരിൽ നിന്നും സന്യാസമൊന്നും സ്വീകരിച്ചിട്ടില്ല പക്ഷെ ശിഷ്യന്മാർക്ക് സന്യാസം കൊടുത്ത് അതൊക്കെ അപ്പോ അപ്പ തോന്നിയ രീതിയിലാണ് ഗുരുവിനൊരു സന്യാസി ശിഷ്യുണ്ടായിരുന്നൊരു സായിപ്പ് വിദേശയുടെ പേര് ഏണസ്റ്റ് കർക്കെന്നാണ് ആയിരുന്നു ഇപ്പില്ല ഈ സായ്പിന് സന്യാസം കൊടുത്തപ്പോൾ പേരും മാറ്റിയില്ല വസ്ത്രവും മാറ്റിയില്ല സായ്പ്പ് പഴയ സായിപ്പയെന്ന് കണ്ടാൽ സന്യാസിയാണെന്നറിയാൻ ഒരടയാളവുമില്ല പക്ഷേ ആള് സന്യാസിയാണ് അപ്പോൾ അതെന്ത് സന്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് അതിനുള്ള പിന്നെ ഗുരുവിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ ശിഷ്യനാണ് നടരാജ ഗുരു നടരാജ സന്യാസം കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു തുണി കർഷണം നടീവിതകാലം മുഴുവൻ പാൻറ്റും ഷർട്ടും ഇട്ട് പേരും മാറ്റാതെ നടരാജ ഗുരു എന്നോട് ചേർത്ത് സ്വയം ചേർത്താണ് നടരാജ മാഷായിരുന്നു ഒന്ന് പരിഷ്കരിച്ച് സംസ്കൃതത്തിൽ നടരാജ ഗുരുവെന്ന് നോക്കി അവിടെയും ഗുരുവിൻ്റെ സന്യാ സന്യാസി ശിഷ്യനാണ് പലതരത്തിൽ ഗുരു സന്യാസം ഇനി ചില സന്യാസിമാർക്ക് വിരജാ ഹോമം നടത്തി വിധിപ്രകാര സന്യാസം കൊടുത്തു ചിലർക്കാണെങ്കിൽ കേവലം അഭിഷേകം നടത്തി കായി വസ്ത്രം കൊടുത്തു ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ സമ്പ്രദായം പറയുന്നത് കുറച്ച് ഇത് ദശനാമത്തിൻ്റെ കുറച്ച് സംഗതികളൊക്കെ ചേർത്ത് കാരണം ഗുരു അങ്ങനെ ചെയ്തെങ്കിലും പിൽക്കാലത്ത് ഒരു സമ്പ്രദായം വേണമല്ലോ ഗുരു സ്വതന്ത്രനാണ് പക്ഷേ പിൽക്കാലത്ത് വരുമ്പോൾ അവർക്ക് ഇന്നുള്ള ശിഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവർ കുറച്ചൊരു മാറ്റം വരുത്തി അതങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ചേങ്കോട്ടോണം പരമ്പര അത് ഞാൻ അവിടെയുള്ള സന്യാസിമാരുടെ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളൂ അതൊരു വൈരാഗി സമ്പ്രദായം വടക്കേന്ത്യുള്ള അതിനോട് ചേരുന്നതാണ് കൂടുതലും അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ജഡ തലയിൽ പിടിച്ചു വെക്കുക ഹനുമാൻ ഉപാസിക്കുക രാമനെ ഉപാസിക്കുക അതൊക്കെ വടക്കേന്ത്യ പൊതുവേ പറയുന്ന വൈരാവി വൈരാഗി സമ്പ്രദായം അതിൽ തന്നെ പല ഭേദങ്ങളുണ്ട് ദശനാമികളെക്കാൾ കൂടുതലും അവരാണ് വടക്കേ ഇന്ത്യയിൽ ഗൃഹസ്ഥന്മാർ കൂടുതൽ സന്യാസികളാകുന്ന ആ സമ്പ്രദായത്തിലാണ് എന്നുവെച്ചാൽ അവർ അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം പക്ഷേ ഉള്ള വസ്ത്രമാണ് കൂടുതലും ധരിക്കുന്നത് ദശനാമികളിൽ തന്നെ ഒരു ഉദാസി സമ്പ്രദായം എന്ന് പറയുന്നുണ്ട് പഞ്ചാബിലും മറ്റും ധാരാളം ഹരിയാനയിലൊക്കെ ധാരാളമുള്ള കൃഷികേശ്വത്ത് കാര്യത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം ദശനാമിയാണ് കാവ്യവസ്ത്രം തന്നെ വേണമെന്നില്ല മാറിയും ധരിക്കും പിന്നെ അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന ഒരു സന്യാസി സമ്പ്രദായമാണ് കർണാകര ഗുരുവിൻ്റെ സമ്പ്രദായം ഗുരുവിൻ്റെ സന്യാസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക വെളിപാടിനനുസരിച്ചിട്ടാണ് നിലവിലുള്ള ഒരു സമ്പ്രദായങ്ങളുമായിട്ടും അത് ഒത്തുപോകുന്നതല്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ശിഷ്യന്മാരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളും അദ്ദേഹത്തിൻ്റെ സ്വന്തം അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ പ്രസിദ്ധമായി ഇവിടുത്തെ സ്ഥിതി ഇനി വടക്കോട്ട് പോയാൽ ഇതെല്ലാം ഇങ്ങനെ തമിഴ്നാട്ടിലെ സ്ഥിതികളെല്ലാം വേറെയാണ് അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുരു ഏർപ്പെടുത്തിയ സമ്പ്രദായം എന്ന് മനസ്സിലാക്കുന്നു ചെന്നൈ പറയാൻ പറ്റൂ എന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നിങ്ങൾക്ക് അമൃത യൂണിവേഴ്സിറ്റിയും അമൃത ആശുപത്രിയും ഉണ്ടാക്കാമെങ്കിൽ ഒരു അമൃത സന്യാസി സമ്പ്രദായത്തിനെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതങ്ങനെ തന്നെ അതിനെ കാണുന്ന ഒരു ഉചിതം പിന്നെ അത് ദശനാമ അത് ഇതെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് ദശനാമ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ വ്യത്യാസം അപ്പോൾ ഇതാണ് പൊതുവെ ഈ സമ്പ്രദായങ്ങളെ ഒരു സ്ഥിതി അതിൽ ദശനാമ ദീക്ഷാസമ്പ്രദായം അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് സന്യാസത്തിൽ ഒന്ന് പൂർവക്രിയ പൂർവ്വക്രിയകളെന്ന് പറയുമ്പോൾ വിരജാ ഹോമത്തിന് മുമ്പ് വരുന്ന കറികൾ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ സന്യാസവുമായിട്ടൊന്നും ഇങ്ങനെ ആദ്യമേ പറയണോ ഒന്നും കമ്പയർ ചെയ്യരുത് ഇത് വടക്കേന്ത്യയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു സന്യാസ സമ്പ്രദായം ഇതിനെ പിന്തുടർന്നാണ് എല്ലാ ആചാര്യന്മാരും ബൽക്കാലത്ത് വന്നവരെല്ലാം ഓരോ സമ്പ്രദായങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കൂട്ടിച്ചേർത്തോ കുറച്ച് മാറ്റിയോ ഒക്കെ പക്ഷെ അതിന്റെ ആധാരമെന്നുള്ള നിലയ്ക്ക് നമ്മളിതൊക്കെ പഠിക്കുന്നവരെന്നുള്ള നിലയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന എന്താണ് ചാങ്കരഭാഷ അപ്പൊ ഈ സന്യാസ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതും ഉണ്ട് അല്ല പൂർവക്രിയ എന്ന് പറയുമ്പോ പൂർവക്രിയയും ഉത്തരക്രിയുമുണ്ട് പൂർവക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് വിരജാഹോമത്തിന് മുമ്പുള്ള ക്രിയകളാണ് ഉത്തരക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് വിരജാഹോമത്തിന് ശേഷമുള്ള ക്രിയകൾ പക്ഷേ ഈ സന്യാസ പദ്ധതി എന്ന് പറയുന്നത് വളരെ ഉദാത്തവും സമഗ്രവും പൂർണവുമാണ് വളരെ അർത്ഥപുഷ്ഠമായ ഒരു സമ്പ്രദായമാണ് ദശനാമ സന്യാസം കാരണം നമ്മുടെ പഴയ വ്യവസ്ഥയനുസരിച്ച് ആശ്രമവ്യവസ്ഥയിൽ ഈ സന്യാസത്തെ ചതുർത്ഥാശ്രമം തുരിയാശ്രമം ഉത്തമാശ്രമം എന്നെല്ലാം പറയുമ്പോൾ മറ്റ് ആശ്രമ വ്യവസ്ഥകളെക്കാളും ഒക്കെ അതിനൊരു മഹത്വം ഭാരതീയർ കൽപ്പിച്ച കൽപ്പിക്കുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം അതിൻ്റെ കർശനമായ സന്യാസത്തിൻ്റെ പദ്ധതികളും അനുഷ്ഠാനങ്ങളും അതാണ് അതിന് കാരണം അവിടെ സന്യാസിക്കോ സന്യാസത്തിനോ യാതൊരു തരത്തിലുള്ള അലംഭാവവും അനുവദിക്കുന്നില്ല അതാണ് വളരെ കർശനമായ ചിട്ടകളാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് മഹത്വം കൂടിയത് ഇന്നിപ്പോൾ അതിനെ സമൂഹം നന്ദിക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാലഗതി കൊണ്ട് അതിൽ വീഴ്ചകൾ പലത് സംഭവിക്കുന്നതുകൊണ്ടാണ് അത് കാലഗതി എന്നേ പറയാൻ പറ്റും അതിൻ്റെ അതിൻ്റെ തനിമയിലെടുത്തു കഴിഞ്ഞാൽ അതിന് സമമായിട്ട് വയ്ക്കാൻ ഒരു ജീവിത വ്യവസ്ഥിതി ഇല്ലെന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ ആശ്രമ വ്യവസ്ഥിതിയിൽ അങ്ങനെയൊന്നുമില്ല അത്രയും ശ്രേഷ്ഠമാണ് അതിൽ ഈ ദശനാമ സമ്പ്രദായത്തിൽ ഈ പൂർവക്രിയയിലെ ആദ്യത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് സന്യാസം സ്വീകരിക്കേണ്ട ആള് അത് അതിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല അതായത് ഉത്തരായണ കാലത്തിൽ ഒരാൾ സ്വന്തം വീട് കെട്ടിറങ്ങുന്നു സന്യാസത്തിന് വേണ്ടി കാലമൊക്കെ നോക്കിയിട്ടാണേ അങ്ങനെ സന്യാസത്തിന് ആ ഇറങ്ങി പുറപ്പെടുന്ന ആൾ നമ്മളിന്ന് ധരിക്കുന്നത് പോലെ ആരുടെയും അനുവാദം വാങ്ങിയിട്ടല്ല ഇറങ്ങി പുറപ്പെടുന്നു അനുവാദം വാങ്ങാൻ പറഞ്ഞിട്ടില്ല പിന്നെ കഥകളിലൊക്കെയാണ് ഈ അനുവാദം എന്താണ് ശങ്കരാചാര്യ അമ്മയോരുടെ അടുത്ത അനുവാദം അതാണ് ഇതാണ് മുതലെ പിടിച്ചു അത് കഥകളിലുള്ളതാണ് ഇത് സ്മാർത്ഥ വിധിയാണ് സന്യാസവിധിയെന്ന് പറയുന്നത് സ്മാർത്ഥവിധിയാണ് ഈ സ്മാർത്ഥവിധിയിൽ പറയുന്നത് സന്യാസം സ്വീകരിക്കുന്ന ഒരാള് തന്റെ കുടുംബാംഗങ്ങളോട് പറയേണ്ടത് ശൃണ് നമേ കസ്ഹം കസ്ചിത് എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുമല്ലോ ആരുടെയും പെർമിഷൻ ചോദിക്കല്ല എല്ലാവരും കേൾക്കണം എന്താണ് ഞാൻ എനിക്കാരും ഇല്ല ഈ ലോകത്ത് നമേ കസ്റ്റിത് എനിക്കാരും ഇല്ല ഭർത്താവ് ഭാര്യയോട് പറയുന്നു അച്ഛൻ മക്കളോട് പറയുന്നു നമേ കസ്ജിദ് എനിക്കാരും ഇല്ല നാഹം കസ്യ ഞാൻ ആരുടേതും അല്ലാരുടെയും സ്വന്തമല്ല അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് കയറി പിടിക്കരുത് ഓന ധാന്യങ്ങളെല്ലാം മക്കൾക്ക് എല്ലാം വിരിച്ചു കൊടുക്കുന്നു എല്ലാ ഇടപാടുകളും തീർക്കുന്നു വീട് വിട്ടിറങ്ങുന്നു ഇതാണ് ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നു നമ്മളെ സ്മൃതികളില് പുരാണങ്ങളില് എല്ലാം സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പുരുഷന്റെ സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീക്ക് സന്യാസം ആകാമെന്ന് വിദ്യാരണി സ്വാമിയെപ്പോലെ ഉള്ള ചില ആചാര്യന്മാർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിനെ അലിംഗ സന്യാസമെന്നാണ് പിന്നീടുള്ള ഒരു വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സന്യാസ ചിഹ്നങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ് ബാക്കി എല്ലായിടത്തും സന്യാസത്തെക്കുറിച്ച് പറയുന്നതല്ല പുരുഷന്മാരുടെ സന്യാസത്തെക്കുറിച്ചാണ് അതൊരു കാര്യം രണ്ടാമത് പറയുന്നത് ഞാൻ മിക്കവാറും പല സ്മൃതികളും നോക്കിയിട്ടുണ്ട് എല്ലായിടത്തും അത് പറഞ്ഞു വരുമ്പോൾ അത് ഗൃഹസ്ഥന്റെ സന്യാസമാണ് എന്നുവെച്ചാൽ പഴയകാലത്ത് എന്താണ് ഗൃഹസ്ഥന്റെ സന്യാസത്തിനായിരുന്നു പ്രാധാന്യം ഈ സന്യാസം പറയുന്നത് ശങ്കരാചാര്യത്തിന് മുമ്പേ ഉണ്ട് കാരണം മനുസ്മൃതി പോലെയുള്ള സ്മൃതി യാജ്ഞമത്യസ്മൃതി ഗൗതമ സ്മൃതി ഇങ്ങനെയുള്ള സ്മൃതികളിലെല്ലാം പറയുന്നുണ്ട് സന്യാസത്തെ കുറിച്ച് ഇപ്പൊ ശങ്കരായാർക്ക് മുമ്പേ ഇരുന്നവർ പ്രസ്ഥാനമാണ് എല്ലായിടത്തും ഗൃഹസ്ഥ സന്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വർദ്ധകീയം മുനുവർത്തിനാം യോഗീനാന്തേ തനുത്യജാം എന്നുള്ള പഴയ ആശ പാരമ്പര്യം അനുസരിച്ച് എന്നാൽ ശ്രുതിയിൽ പോലും പറയുന്നുണ്ട് ഗൃഹാത്വ പുനാദ്വ പിന്നെ ബ്രഹ്മചര്യ ദേവ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പ്രചരിച്ചിരുന്നത് ഗൃഹസ്ഥ സന്യാസമാണ് ഒരുപക്ഷെ സംക്രാർക്ക് ശേഷം ശേഷമായിരിക്കാം ഈ ബ്രഹ്മചര്യ സന്യാസത്തിന് പ്രാധാന്യം ഈ ബ്രഹ്മചര്യ സന്യാസത്തിന് പകരം പഴയകാലത്ത് നിലനിന്നിരുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അതാണ് നിലനിന്നിരുന്നത് ബ്രഹ്മചാരിയുടെ സന്യാസമല്ല നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളീ മഞ്ഞ കൊടുത്തിരിക്കുന്നു അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം നിങ്ങൾ അറിഞ്ഞോ ഏത് രീതിയിലായാലും ശരി ഇനി നിങ്ങൾക്ക് വേറൊരു ചോയ്സ് അല്ല മനസ്സിലാക്കിയിട്ടാണോ മഞ്ഞ കയറിയതെന്ന് എനിക്കറിയില്ല യാതൊരു ചോയ്സും ഇല്ല അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ ചിലർ തൽക്കാലം ഇത് വേണ്ടെന്ന് വെച്ചത് ഇവരുള്ളൊരു അപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ട് അപ്പോ ഇത് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അതായത് ഈ ആശ്രമമെന്നുള്ളതല്ല ബ്രഹ്മചര്യത്തിന് ആശ്രമമായിട്ട് ബന്ധമൊന്നുമില്ല പഴയകാലത്ത് ബ്രഹ്മചര്യമെന്ന് പറഞ്ഞാൽ വിദ്യ പഠിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഗുരുകുലത്തിൽ പർപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് മൂലം അവൻ ബ്രഹ്മചാരിയാണ് അത് എത്രാമത്തെ വയസ്സുകൾ ഏഴാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ പന്ത്രണ്ടാമത്തെ വയസ്സിലോ മൂലം അവൻ ബ്രഹ്മചാരിയാണ് അപ്പം അതിന് ബന്ധം ഈ സന്യാസാശ്രമങ്ങളുമായിട്ടല്ല ഗുരുകുലങ്ങളിലാണ് തുടങ്ങുന്നത് അങ്ങനെ ഇരിക്കെ മിക്കവാറും ഗുരുപലങ്ങളിൽ ഗുരുക്കന്മാരെല്ലാം ഗ്രഹസ്ഥന്മാരുമാണ് വിദ്യ പഠിപ്പിക്കുന്നവരെല്ലാം ഗ്രഹസ്ഥന്മാരാണ് അപ്പോൾ സന്യാസത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വേദത്യാഗവും വിധിച്ചിരിക്കുകയാണ് വേദത്തെയും ത്യജിക്കണം അപ്പോൾ വേദത്തിൻ്റെ അധ്യാപനം സന്യാസിക്ക് പറഞ്ഞിട്ടില്ല വേദ അധ്യാപനം എന്ന് പറഞ്ഞാൽ വേദ അധ്യാപനം ചെയ്യുന്ന ആൾ ഉപാധ്യായനാണ് സ്വസ്വശാഖകളെ ചൊല്ലിപ്പഠിപ്പിക്കുക ആ ഒരു പഴിഞ്ഞി സന്യാസിക്ക് പറഞ്ഞിട്ടില്ല അത് ത്യജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ഗ്രഹസ്ഥനായിരിക്കും ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ വേദാധ്യയനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വ്രതം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അതിൽ അഷ്ടാംഗമയസിനത്യാഗം ഉൾപ്പെടുന്നു അതും അതിൽ വരുന്നതാണ് ബാക്കിയുള്ള വ്രത നിയമങ്ങളെല്ലാം അറിയപ്പെടുന്നു അതിൽ ഇനി ആർക്കെങ്കിലും ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നൈഷ്ഠിക ബ്രഹ്മചര്യം അയാളുടെ ജീവിതം ഗുരുകുലത്തിൽ തന്നെ അവസാനിക്കും സ്വഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ രീതിയിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന ഒരു വ്യത്യാസമില്ല അത് രണ്ടായി കാണാൻ പറ്റത്തില്ല അതിൻ്റെ ശാസ്ത്ര വിധികളൊക്കെ നമ്മൾ മനസ്സിലായി ഇതിനെല്ലാം നമ്മളൊരു ഒരു പരമ്പരയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടല്ലോ അല്ലാതെല്ലാം നമുക്ക് എല്ലാം നമുക്ക് ഭൂതവതയും കൊണ്ടൊന്നും ഇത് പറയാൻ പറ്റത്തില്ല നമ്മളൊരു പ്രാചീനമായ പരമ്പരയെ ആശ്രയിച്ച് അതിന് ചില വ്യത്യാസം വരുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയും സന്യാസിയും തമ്മിൽ തത്വത്തിലുള്ളൊരു വ്യത്യാസമുണ്ട് പിന്നെ ശേഷിക്കുന്ന ആരാണ് സന്യാസത്തിന് അധികാരിയായി വരുന്ന ഗൃഹസ്ഥൻ തന്നെ പിന്നെ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി ശികയും യജ്ഞോപവീതവും ഉപേക്ഷിച്ചിട്ട് സന്യാസ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായവും പിൽക്കാലത്ത് വന്നതാണ് സന്യാസത്തിൽ അധപ്പതനം കൂടാനുള്ള ഒരു കാരണവും അത് തന്നെയാണ് അത് തുറന്നു പറയുന്നതിൽ ആർക്കും പ്രയാസം തോന്നും അതാണ് ഒരു കാരണം കാരണം അതിനുള്ള വേണ്ടത്ര പക്വതയില്ലാത്തവരും ജിജ്ഞാസമുണ്ടോ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ കൊണ്ടോ സന്യാസത്തിലേക്ക് ചാടി വീഴുകയും അതിൽ പാതി സംഭവിക്കുകയും ചെയ്യും അതൊരു കാരണമാണ് ഗ്രഹസ്ഥന്മാർക്ക് അത് സംഭവിക്കില്ലെന്നു വെച്ചാൽ അവർക്ക് സംഭവിക്കാം എന്നാലും പ്രായണ സാധ്യത കൂടുതൽ മറിച്ചാണ് അങ്ങനെ സന്യസിക്കുമ്പം എന്താ പറയുന്നത് ചുണ്ണന്ത് സർവേ നമേഖസി നഹം കസിജിത്ത് ഇത് ഗൃഹസ്ഥൻ സന്യസിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് പറയുന്നത് ഭാര്യയുടെ മക്കളുടെ അടുത്തു ആണോ നിങ്ങൾ വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ബാക്കി എല്ലാം പോയോ രുതതി ശരിക്കും അത് വ്യാകരണം പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സന്യാസി വളരെ ദൃഢമായി തനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും ഇത് പറഞ്ഞിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ദൃഢമാനസനായിട്ടാണ് വീതി പറയുന്നത് സന്യാസി എന്ന് പറയുന്നത് ഏത ബാക്കി സംശിതവ്രതാഹ സംശിതവ്രതന്മാരായിരിക്കുന്ന യതിക്ക് സന്യാസത്തിൽ യാതൊരു ചാഞ്ചല്യവും മനസ്സിൽ വരാൻ ദൃഢ മാനസന്മാരായിരിക്കണം അങ്ങനെ വരാൻ പോളല്ലോ അത് പറഞ്ഞപ്പോഴും മലയാളത്തിൻ്റെ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങി എന്താണ് ദേശാട് നിങ്ങളൊക്കെ കണ്ടിരിക്കും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്യാസത്തിന് കരഞ്ഞിരിക്കും ഉറപ്പാണ് കാരണം അതിലെ സന്യാസം എന്ന് പറഞ്ഞാൽ തുടക്കം മൂലം അവസാനം വരെ കരച്ചിലും കൺഫ്യൂഷനുമാണ് ഞാൻ കണ്ടിട്ടുണ്ട് അതുവച്ചാൽ ഈ ഒരു ബോധമില്ലാത്ത ഒരു കൊച്ചു പയ്യനെ പിടിച്ച് ബലാൽ സന്യാസിപ്പിക്കുന്നു ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല അവിടെ അച്ഛൻ കരയുന്നു അമ്മ കരയുന്നു ഒരു കലാ സൃഷ്ടി എന്നുള്ളതിലൊക്കെ അത് സൂപ്പർ സാധനമാണ് കലാമൂല്യമുള്ള സാധനമാണ് പക്ഷെ സന്യാസോധമായിട്ട് യാതൊരു ബന്ധമില്ല അതിൽ ഓരോ സന്യാസത്തിൻ്റെ ഓരോ ചടങ്ങ് എനിക്ക് വളരെ ആതിശയം തോന്നി സന്യാസത്തെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവമാണത് അറിയത്തില്ല പിതൃക്രിയ പിതൃക്രിയെ ചെമ്പ് ഈ പയം കിടന്ന് പൊട്ടി കരയുകയാണ് ഇതും സന്യാസമായിട്ട് എന്താ ബന്ധം അപ്പോൾ പക്ഷേ ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാന് അന്ന് ഈ ഇന്നത്തെ ഇടപാടുകളൊന്നുമില്ല ഒരു വി സി ആർ എന്നെ പറയുന്നു അതിലൊരു കാസെറ്റിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് ടി വി ഒക്കെ എടുത്തുപോയി അന്ന് ടി വി ഇല്ലായിരുന്നു ഒരു കടത്തു നിന്ന് ഒരു ടി വി ഇങ്ങനെ സന്യാസത്തെക്കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു നിരൂപണ ബുദ്ധിയോടു കൂടി കണ്ടതാണ് അപ്പോൾ ഒരു ബ്രഹ്മചാരി ആശ്രമത്തിൽ കണ്ട് വിശേഷം രാവിലെ നോക്കിയപ്പോൾ ആളിനെ അവിടെ കാണാനില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിളിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ അടുത്തിരിക്കയാണ് സന്നിധിച്ച അമ്മ കരയും അതുകൊണ്ട് വേണ്ട അപ്പോ മനുഷ്യന്റെ ഇന്നുള്ളവരുടെ സന്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ അതാണ് അതുകൊണ്ട് ഈ ഇവിടെ ആരെങ്കിലും കരഞ്ഞോ കരഞ്ഞോ ഒന്നും മിണ്ടുന്നില്ല അതിനടുത്തും കരഞ്ഞെന്നാണ് ഭരണഅബദ്ധമാണ് വിന്യാസം എന്ന് പറയുന്നത് ദൃഢ മനസ്സോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും കരയാൻ പാടില്ല അത് അതിന്റെ എന്തുകൊണ്ട് നമ്മൾ കരഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ ചില വിചാരിക്കും എന്നാ പിന്നെ ഇത് നേരത്തെ അങ്ങ് പറയാത്തത് ചിലടേക്കും മനസ്സിലത് വന്നിരിക്കൂല്ലേ ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നോ നേരത്തെ പറയാത്തെന്ന് വെച്ചാൽ നേരത്തെ ആരും ചോദിച്ചില്ല ചോദിച്ചത് സന്യാസി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സന്യാസിക്ക് തോന്നിയത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് അതുവരെ അങ്ങനെ ഒരു ബുദ്ധി തോന്നാത്ത എന്റെ കുറ്റമാണ് അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ദൃഢമാനസിനായി വീട് വിട്ട് സന്യാസത്തിന് ഇറങ്ങുന്നത് കൊണ്ടാണ് അതിൽ വീട്ടിൽ അനുവാദം ചോദിക്കുന്നില്ല പിന്നെ തന്റെ നിശ്ചയം അങ്ങ് പറയുകയാണ് ഭാര്യയുടെ മക്കളടുത്തും ഞാനിത് പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം പക്ഷെ ഇന്ന് ഇതൊക്കെ പ്രശ്നമാണേ ഇന്ന് അങ്ങനെയൊക്കെ ഇറങ്ങി ഇത് അതാണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും കാലത്തിനനുസരിച്ച് മാത്രം ഇന്നങ്ങനെ പറ്റി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയോഴ്സ് ചെയ്യാ ചെയ്യാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം ഇയാളകത്തായിപ്പോ പഴയ രീതി ഞാൻ പറയുകയാണ് ഇന്ന് അനുവാദം വേണ്ടിവരും എന്നതിന്റെ ആവശ്യമില്ലായിരുന്നു അപ്പം തൻ്റെ നിശ്ചയത്തെ വ്യക്തമായിട്ട് അയാളെ വീട്ട് വീട് വിട്ടിറങ്ങിയാണ് സന്യാസത്തിന് വേണ്ടി അതിൻ്റെ പൂർവ്വക്രിയകളായിട്ട് വരുന്നത് തീർത്ഥാടനം അതെല്ലാം സന്യാസ പദ്ധതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് സംഭാവന ചെയ്യുന്നത് അതിനു മുമ്പ് ഇന്ന് ഗുരുസേവ തീർത്ഥാടനം നിഷ്കാമകർമ്മം ഉപവാസങ്ങൾ ദേവതാരാധന ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതാണ് പൂർവ്വക്രിയ വരുന്നത് പ്രധാനമായി വരുന്ന അഷ്ട നാന്തിമുഖ പിന്നെ പ്രായ്ചിത്തം പോലെയുള്ള ദാനം പ്രായ്ചിത്തം അത് പ്രായശിത്വം വളരെ വിശേഷമാണ് പ്രായശ്യത്വം എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് എന്തോ നിസാര കാര്യമാണെന്ന് തോന്നുന്നു നിസാര കാര്യമല്ല നല്ല കട്ടി ചാണകം ഗോമൂത്രം പാൽ തൈര് നെയ്യെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ച് ഒരര ലിറ്റർ അങ്ങ് കുടിക്കണം നിങ്ങൾ വിചാരിക്കുമോ അതെന്തോ ഇത് നിസ്സാര കൈലാസാചരണത്തി ഒരു മലയാളി വന്നു അപ്പോ പഞ്ചഗവിയെ സേവിക്കണമെന്ന് പറഞ്ഞ് സന്യാസത്തിന് അപ്പൊ പുള്ളിയെ വെച്ച് എത്ര ലിറ്റർ കുടിക്കണം ആ മനസ്സിലായില്ല ഇത് സാധനം ഇതാ ഇതാണെന്നുള്ള കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ലിറ്ററൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ സ്പൂണ് മതി ഇല്ലെങ്കിൽ ഇത് താങ്ങത്തില്ല അത് ചോദിച്ചത് എന്തിനാണ് കൂടി ഞാൻ പറഞ്ഞത് ഇത് പാപത്തിന്റെ പ്രായശിത്തമാണ് നമ്മൾ ചെയ്ത് എല്ലാ എപ്പോഴും സ്മൃതികളിലെല്ലാം ഈ പഞ്ചഗവ്യ സേവിക്കാൻ പറയുന്നതെല്ലാം പാപ പരിഹാരമായിട്ടാണ് അപ്പോൾ പാപത്തിന്റെ ഇതൊക്കെ പ്രതീകാത്മകമാണ് അതിലൊക്കെ നമ്മൾ ആസ്തികന്മാർക്ക് അതിലൊക്കെ വിശ്വാസമുള്ളതുകൊണ്ട് പൂർവ്വ പ്രാരബ്ധ പാപകർമ്മങ്ങൾ കൊണ്ട് അത് നശിക്കാൻ പഞ്ചഗവ്യ സേവിക്കുക അതിന് മറ്റ് ശാസ്ത്രീയവശമൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ശാസ്ത്ര പ്രമാണം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് എന്തായാലും ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഒരു സ്പൂണ് കഴിച്ചാൽ മതി ഓടി പറഞ്ഞു പോരാ എന്തുകൊണ്ട് ഞാൻ ഒരുപാട് പാവം ചെയ്തിട്ടുണ്ട് ഒരു സ്പൂണൊന്നും തീരത്തില്ല അറിയാതെ ചെയ്ത പാവം പോലും ഇതുകൊണ്ട് തീരത്തില്ല പിന്നെ അറിഞ്ഞു ചെയ്ത പാവങ്ങളൊക്കെ എങ്ങനെ തീരും ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു നൂറുമില്ലി പോര അവസാനം ഒരു കൊത്തുതീർപ്പിലെത്തി അര ലിറ്റർ ഞാൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ പോയാൽ ശരിയാകത്തില്ല ഇയാളിതെല്ലാം കൂടെ അടിച്ചു കലക്കി മൂക്കിൽ പിടിച്ച് കണ്ണും അടച്ചു കൊണ്ട് ഒരു കുടിയങ് കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങി ഇത് കുളിച്ചെന്നാൽ നിൽക്കുന്ന സാധനമല്ല ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ പറ്റും ഇത് കട്ടിച്ചാണകം ഗോമൂത്രവും ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഇതൊരാസിഡാവർദിച്ചു മലയാളിയാണെ അല്ലാത്തവരും ചെയ്യത്തില്ല അവിടെ ഛർദിച്ച് വശം കിട്ടും വശം കിട്ടപ്പോ അവിടെ വേറെ ഒരു സ്വാമി എന്ത് ചെയ്തു ഗംഗയിലെ നല്ല തണുത്ത വെള്ളം അതുകൊണ്ടൊന്ന് കൊടുത്തു ഇത് കുടിച്ചു വീണ്ടും ശർദിച്ചു ഇവിടെയാണെങ്കിൽ വല്ല ട്രിപ്പ് വിടാം ഇവിടെ ഉള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ല ട്രിപ്പ് ഇട്ടാൽ മതി ശരിയാവും അവിടെയാണെങ്കി അത് വല്ല നിറ അത ഞാൻ ചെന്ന് നോക്കിങ്ങനെ കിടക്കുകയാണ് ഇത് പിന്നെ ചടങ്ങുകളുണ്ട് ശ്രാദ്ധവും മറ്റും ഇത് കഴിഞ്ഞാണ് അവിടുത്തെ മണ്ഡലേശ്വരം ഇയാളുടെ ഫുൾ ഉത്തരവാദിത്വം എന്നെ എപ്പിച്ചിരിക്കുകയാണ് ഇയാളെ അവിടെ കൊണ്ടിരുത്തില്ലെങ്കിൽ എന്നെ പിടിക്കും ഞാനാകും ഞാൻ ചെന്ന് നോക്കി ഇങ്ങനെ എഴുന്നേക്കും അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ തളർന്നു പോകും ഇവിടെ ഒരു നന്നായി എന്താണോ ഒട്ടുമുക്കാലും പാപങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് വിജയിച്ചു ആദ്യത്തെ പ്രായശിത്വം വിജയിച്ചത് കാരണം ഇത്രയും ഛർദ്ദിച്ച താളം നമുക്ക് ഇങ്ങനെ കണക്കാക്കിയത് പാവമമല്ല നശിച്ചുപോയെന്നാണ് അപ്പോൾ ഇതൊക്കെ ഒരു പ്രതീകാത്മകമാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് അഷ്ടനാന്തിമുഖ ശ്രാദ്ധം ആണ് അതിനകത്ത് ദേവശ്രാദ്ധം ദിവ്യശ്രാദ്ധം ഭൂതശ്രാദ്ധം മനുഷ്യശ്രാദ്ധം പിന്നെ മാതൃ പിതൃ ആത്മശ്രാദ്ധ ഇങ്ങനെയെല്ലാം കൂടെ ചേർത്ത് എട്ട് ശ്രാദ്ധങ്ങൾ ഇതിലൊരു പ്രത്യേകതയുള്ളത് ഈ പരിപാടി ചെയ്യേണ്ടത് പുരോഹിതനാണ് പുരോഹിതന്മാരാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഈ ആത്മശ്രാദ്ധത്തിന്റെ കാര്യത്തിൽ പലർക്കും ഈ മാതൃശാ ശ്രാദ്ധം പിതൃശ്രാദ്ധം എന്ന് പറയുന്നതിലും ചിലർക്ക് സങ്കടം വരുന്ന കാര്യമാണ് മാതൃശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മാതൃകുലശ്രാദ്ധമാണ് പിതൃശ്രാദ്ധം എന്ന് പറഞ്ഞാൽ പിതൃക്കുലശ്രാദ്ധമാണ് അങ്ങനെയാണ് ആ ശ്രാദ്ധത്തിന്റെ വിധി ആത്മശ്രാദ്ധം എന്ന് പറയുമ്പോൾ ആത്മനെ അന്തരാത്മനെ പരമാത്മനെ എന്ന് പറഞ്ഞാണ് ആ ശ്രാദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സങ്കടം കുറയും എന്താണ് അന്തരാത്മാവ് പരമാത്മാവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആത്മശ്രാദ്ധം ചെയ്യേണ്ടത് ശാസ്ത്രവിധിയനുസരിച്ച് ഇത് ഒന്നുകൂടിയുണ്ട് സന്യാസത്തിൻ്റെ സന്യാസ ഇത് നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഞാൻ പറയുന്ന എന്താണ് ദശനാമം സമ്പ്രദായം ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ പരിഷ്കരിക്കാം സന്യാസത്തിൻ്റെ ഏറ്റവും അവസാന ചടങ്ങ് മുമ്പ് ഉള്ള ചടങ്ങാണ് നാമകരണം ഈ നാമകരണം എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞിട്ട് അവിടെ ഗുരു ആചാര്യൻ ശിഷ്യന് ചെയ്യേണ്ട പറയുന്ന ഒരു കാര്യം സന്യാസ ദീക്ഷ വ്യാഖ്യ വ്യാഖ്യ വ്യാഖ്യേയ എന്നാണ് അതായത് ഈ ശിഷ്യന് സന്യാസ ദീക്ഷയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊടുക്കും അത് എല്ലാ എന്തിന് എന്ത് ചെയ്തു എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രയോജനം എന്താണ് ആധ്യാത്മികമായ ഗുണം എന്താണ് ഇതെല്ലാം വിശദീകരിച്ചു അത് സന്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സന്യാസ പദ്ധതി എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളതാണ് നമ്മൾ കുറഞ്ഞ വർഷം അത് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയൊരു മഹത്തായൊരു പദ്ധതി നമ്മുടെ സമ്പ്രദായത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം എങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കും നമ്മളെ കൊണ്ടിപ്പോൾ അതെല്ലാം അതുപോലെ അനുഷ്ഠിക്കാനൊന്നും കഴിയത്തില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കുക ചെയ്യുക ഇപ്പോൾ ഈ ശ്രാദ്ധകർമ്മം കഴിഞ്ഞാൽ ഇത് ഇതിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ ശങ്കര മഠങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ശ്രാദ്ധകർമ്മവും ഈ പ്രായ ചിത്തം ഉപവാസം ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് മൂന്നും നാലും ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് വിപുലമായ ചടങ്ങുകളായി ഒരുപാട് പണമൊക്കെ മുടക്കി ചെയ്യും കാശ് സാധാരണ ഒരു ദിവസം കൊണ്ടാണ് പിന്നെ അവിടെയും വരുമ്പം പറയുന്നതാണ് സ്വസമ്പ്രദായ കൽസാറിയണെന്ന് പറയുന്നത് കൊണ്ട് ആർക്ക് വേണോ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം അത് ഗുരുക്കന്മാർ തീരുമാനിക്കും എന്ത് വേണോ അപ്പൊ ഇവിടെ കൊണ്ട് പുരോഹിതന്റെ ജോലി അവസാനിച്ചു പിന്നെ സന്യാസ ദീക്ഷയുടെ അവസാനം വരെയുള്ള ചടങ്ങിൽ പുരോഹിതന് കടത്തത്തില്ല പുരോഹിതനോട് യാതൊരു ജോലിയല്ല കാരണം എന്തുകൊണ്ടാണ് സന്യാസമാണ് പുരോഹിതൻ സന്യാസിയല്ല ശ്രാദ്ധം എന്ന് പറയുന്നത് പുരോഹിതം ചെയ്യേണ്ട കാര്യമാണ് അത് വേറെ ആരും ചെയ്താൽ ശരിയാവും പക്ഷെ സന്യാസത്തിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ കർമ്മങ്ങളും സന്യാസി തന്നെ ചെയ്യണം പിന്നെ വരുന്നത് എന്താണ് വിരജാഹോമം വിരജാഹോമം വരുന്നത് ഗായത്രി പ്രവേശം അപ്പോ ീ പ്രവേശം തുടങ്ങിയ ചടങ്ങുകൾ ഉദയത്തിന് മുമ്പ് തന്നെ തീരണം എന്നുവെച്ചാൽ അരുണോദയത്തിന് മുമ്പിൽ അത് തീരണം ആ ചടങ്ങ് അതുകൊണ്ട് രാത്രി മുഴുവൻ ഉപവാസവും ധ്യാനവും പിന്നെ കുറെ മന്ത്രങ്ങളുണ്ട് അത് നിങ്ങൾ ദീക്ഷാവിധികൾ നോക്കിയാൽ മനസ്സിലാകും ഇതെല്ലാം ചൊല്ലി കൈലാസാശ്രമത്തിൽ ഏറെക്കുറെ വിധികൾ അനുസരിച്ചാണ് ചെയ്യുന്നത് അത് വേണമെങ്കിൽ അവിടെ പോയി സന്യസിച്ച ഒരാളുണ്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ പൂർണമായും അല്ല അതിന്റെ വ്യത്യാസങ്ങൾ ഞാൻ പറയാം അപ്പോ ബ്രാഹ്മുഹൂർത്തത്തിൽ വിരജാഹോമം ചെയ്യണം കാരണം വിരജാ ഹോമം കഴിഞ്ഞിട്ടാണ് ഗായത്രി പ്രവേശം അപ്പോൾ അത് പകല് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സന്യാസം വടക്കേന്ത്യ ചെയ്യുന്നത് ഗംഗാ തീരത്താണ് എല്ലാവരും സന്യാസ ദീക്ഷ യമുനയുടെ തീരത്ത് ചെയ്യുന്നവരുമാണ് ഇനി ഗംഗ യമുനയൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൻ്റെ തീരത്താകാം സമുദ്രതീരത്തിലും ആകാം അതും പറയുന്നുണ്ട് വിരജാ ഹോമം എന്ന് പറയുന്നത് പൂർണ്ണമായും അർത്ഥവത്തായ ഒരു ചടങ്ങാണ് അതൊക്കെ അർത്ഥം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് അപ്പോഴും ചിലർ ചോദിക്കുന്നു പിന്നെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അർത്ഥം മനസ്സിലാക്കിയനെന്തോ നാപൃഷ്ഠം ബ്രിയാർ എന്നുവെച്ചാൽ അന്യായേന പൃച്ഛതഹ ജാനിഹി മേധാവി നിങ്ങളെക്കടയിൽ മൂഢനെപ്പോലെ ജീവിക്കുന്നതാണ് ബുദ്ധി ജഡവത് ഒന്നും അറിയാത്തവനെപ്പോലെ ജീവിക്കുന്നതാണ് ബുദ്ധി അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞില്ല കാരണം ഇത് ഒരു ദീക്ഷയെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞല്ലോ ഇനി പറയാം പറയാം അപ്പോൾ അവിടെ നമുക്കറിയാമെങ്കിലും ചോദിക്കാതൊന്നും പറയാൻ പാടില്ല ന്യായമല്ലാതെ ചോദിച്ചാലും പറയാൻ പാടില്ല വാസ്തവത്തിൽ ഞാനിത് കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ചേ ഈ എന്താണ് ലോകത്തെ തലകീഴ് മറിച്ച ഈ സാധനം ഒന്ന് കയറിയാണ് ഒന്ന് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ചേ അല്ല പറയണ്ടെന്ന് മനഃപൂർവ്വം വിചാരിച്ചിരുന്നു എനിക്ക് പറയുന്നതിന് എന്താ എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നും ഇതാണ് അത് പത്താം തീയതി ആണ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നത് എന്താണോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്യൂഷൻ വരെ പാടില്ല എന്ന അപ്പം ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ ആൾക്കാരെയൊക്കെ കുട്ടിയിലെത്തി ഇതൊന്നും ചെയ്യുന്നത് ശരിയായില്ലോ അത് വളരെ സ്ട്രിക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പതിനൊന്നാം തീയതി രാവിലെ ഇവിടെ നിന്ന് സ്ഥലം ഇട്ടു പിന്നെ ഇവിടെ സ്ട്രിക്റ്റ് ആയി എന്നുള്ളതാണ് ആ പിന്നെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ സന്യാസ എന്നായിരുന്നു പതി മൂന്ന് ആ എന്തായാലും സന്യാസത്തിന് തൊട്ട് മുമ്പ് ഇവിടുന്ന് പലരും എന്നെ വിളിച്ചായിരുന്നു അപ്പോ പലരും വിളിച്ചു വിളിച്ചവർക്കറിയാം എന്നോട് ചിലത് പിന്നെ ചോദ്യം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാത്തോണ്ട് മെസ്സേജ് അയച്ചു ഞാൻ ഫോണിലേ തൊട്ടില്ല കാരണം ഇനി ഓരോരുത്തർ ഓരോന്ന് ചോദിച്ച് ഞാൻ ഓരോന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇനി ചെന്നിപ്പിക്കാൻ പോകുന്നവരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഞാനായിട്ട് ഉണ്ടാക്കില്ല പണ്ടേ കൺഫ്യൂഷൻ്റെ ആൾക്കാരാണ് ഞാനായിട്ടതിന് പളം വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ആരുടെയും ഫോണെടുത്തില്ല ഒരു കാര്യവും പറഞ്ഞില്ല പലരും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു ഞാനൊന്നും എന്നുവെച്ചാൽ വിളിച്ചതെല്ലാം ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവരാണ് പലരും പറഞ്ഞെങ്കിൽ സ്റ്റുഡൻസാണ് പക്ഷേ ഇത് ീ സാധനം വരാതിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എനിക്ക് പറയാൻ അവസരം കിട്ടിയിരുന്നു എന്നോട് ഇവിടുന്നൊരാൾ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ വന്ന് വിശദീകരിക്കുന്നു പിന്നെ ഞാൻ ചോദിച്ചത് പറയാതിരുന്നതാണ് ഒരു കണക്കിന് കാരണം ഒരു ദീക്ഷാ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പിന്നെ ഇനിയിപ്പം നമ്മൾ ഇത് പറയുന്നൊരറിവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മളൊരിക്കലും ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ എന്താണ് നമ്മുടെ സമ്പ്രദായം അതാണ് പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ചും പാരമ്പര്യവാദികളും ആചാര സംരക്ഷകരും ഒക്കെ ആയതുകൊണ്ട് എന്താണ് ആചാരമെന്ന് അറിഞ്ഞിരിക്കണത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും അറിയും എവിടെ സ്വഭാവം ആർക്കും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്തെങ്കിലും വായിക്കും കേൾക്കും അതുകൊണ്ട് പറയുന്ന ഒന്നെയാണ് പിന്നെ ചോദിച്ചതുകൊണ്ടുല്ല നീ പറയത്തില്ല അത് സന്യസിച്ചവര് തന്നെ ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോ ഈ വിരജാ ഹോമം ഞാൻ നോർത്ത് ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോ സഞ്ചരിക്കുന്ന കാലത്ത് പല സന്യാസിമാരെയും കണ്ടിട്ടുണ്ട് അപ്പോ വിരജാ ഹോമം അന്ന് ഒരു രാത്രി ഉണ്ട് അവസാനിക്കുന്ന കാര്യമുണ്ട് അവിടെ അഗ്നിയിൽ വിരജാഹോമം നടത്തുന്നു തുടർന്ന് അത് മനസ്സിൽ നടത്തുന്നു വിരജാഹം എന്നുവെച്ചാൽ അത്രയും പവിത്രമായൊരു സംഗതിയാണ് ഒരുവന്റെ ആത്മശുദ്ധിക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഷ്ഠാനമാണ് അത് നമ്മൾ സന്യാസം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു സാധനമല്ല അത് സന്യാസിക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നുമാണ് ഗ്രഹസ്ഥനൊന്നും നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് അത് പാടില്ല അപ്പോ ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു മന്ത്രം എടുത്തുകഴിഞ്ഞാൽ വാഗ്പാണിപാതായുഹേശുദ്ധിന്താ ബാക്കി എന്താണ് സന്യാസിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പിടിയുണ്ടോ അതറിഞ്ഞിരിക്കുന്ന സന്യാസു കാരണം സന്യാസ ദീക്ഷയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാമകരണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദീക്ഷയുടെ വ്യാഖ്യാനം അത് കഴിഞ്ഞിട്ട് സന്യാസി ശിഷ്യനോട് പറയുന്നത് അധികാരിണേ യോഗ്യായ സന്യാസോ ആരാണോ വിധിപ്രകാരം സന്യാസം സ്വീകരിക്കുന്നത് അയാൾ മറ്റൊരാൾക്ക് സന്യാസം കൊടുക്കുന്നതിന് അധികാരിയാണ് അയാൾ അധികാരിയായി ഗുരു ചുമതലപ്പെടുത്തുകയാണ് അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട് ഗുരു അധികാരം കൊടുക്കുകയാണ് അതും ആ സന്യാസത്തിന്റെ ഭാഗമാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഇതറിഞ്ഞിരിക്കില്ലേ അപ്പോ അത് അംഗപ്രത്യംഗശുദ്ധി എന്ന് പറയാം ബിരിജാബുമ്പോൾ അതുമാത്രമല്ല ഒരു സന്യാസിയുടെ അഗ്നിയിലുള്ള ആഹൂതി അവസാനത്ത് അതാണ് പിന്നെ സന്യാസി അഗ്നിയിൽ ആഹൂതി ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും സന്യാസം കൊടുക്കുന്ന സമയത്തായിരിക്കും എന്നുവെച്ചാൽ വിരജാഹോമം ചെയ്യേണ്ടത് ഒരിക്കലും പുരോഹിതനുള്ള സന്യാസിയാണ് സന്യാസ ദീക്ഷ കൊടുക്കുന്ന ഗുരുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് വീണ്ടും ചെയ്യേണ്ടി അതല്ലാതെ വേറെ ഒരു അഗ്നി ആഹൂതിയും സന്യാസി ചെയ്യാൻ പാടില്ല ചാടിക്കണപതി ഹോമം ഒന്നും ചെയ്ത് കളയരുത് കാശു കൊല്ലം കിട്ടുമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ഇന്നത്തെ കാലം ഞാൻ ആചാരത്തെ കുറിച്ച് പറയാണ് പിന്നെ ആഹൂതിയുണ്ട് സന്യാസിക്ക് എന്താണ് അത് ജലാഹൂതി പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ഭൂമിയിലും ആഹൂതിയാകാം എന്ന് പറയുന്നുണ്ട് ഭൂമിയിൽ തന്നെ അത് മറ്റ് അബദ്ധർമ്മമായിട്ട് അത് പിന്നീട് വിശദീകരിക്കും അപ്പം ഇതൊരു നിസ്സാര കാര്യമല്ല നിസ്സാര കാര്യമൊന്നും അല്ലയെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ നിസ്സാരമാണ് നമ്മുടെ പ്രാചീന ആചാര്യന്മാർ ഇങ്ങനെ ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെയധികം ഗൗരവമുണ്ട് അണ്ട് ഓരോ ചടങ്ങുകളും ഓരോ അംശങ്ങളും വളരെ ദീർഘദർശനത്തോടുകൂടി നടപ്പിലാക്കിയാണ് പിന്നെ പറയുന്നല്ലേ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഗുരുക്കന്മാർക്ക് നീ സന്യാസിയാണെന്ന് സങ്കല്പിച്ചാൽ മതി അത് മതി സന്യാസി അത് ഒഴിവാക്കണം അങ്ങനെയുള്ള ഗുരുസങ്കല്പങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നിടത്ത് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ സന്യാസം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഈ നിയമങ്ങളെല്ലാം പാലിക്കണം മറ്റത് അപവാദമാണ് അതിനെ ഇതിലോട്ട് ചേർക്കരുത് അത് സർവോപരി നിൽക്കുന്നതാണ് ഇത് ഒരു ആചാരത്തിന്റെ ഭാഗമായി പറയാണ് അപ്പോ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രാണാപാന ഉദാന സമാനമാർക്ക് പിന്നെ ഇന്ന് വേണ്ട പഞ്ചഭൂതങ്ങൾക്ക് എല്ലാത്തിനെയും സംബന്ധിച്ച് പറയുന്നത് എന്താണ് മേ ശുദ്ധ്യന്ത ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എല്ലാം പവിത്രമാകട്ടെ തന്നെ സംബന്ധിച്ചെല്ലാം ശുദ്ധമാകട്ടെ തൻ്റെ മുമ്പിൽ അഗ്നിയാകുന്ന ജ്യോതിയുണ്ട് പക്ഷെ ഇതല്ല ജ്യോതി ജ്യോതിരഹം അപ്പം ഈ ശുദ്ധി സംഭവിക്കേണ്ടത് എന്താണ് അഗ്നി കേവലം പ്രതീകമാണ് ഇനി വൃത്തിക്കാണ് സന്യാസീകരിക്കുന്നതെങ്കിൽ അയാളുടെ അഗ്നികളെയെല്ലാം ഈ അഗ്നിയിലേക്ക് സമന്വയിപ്പിച്ച് എന്താണോ മരണസമയത്ത് ചെയ്യുന്നത് പോലെ അഗ്നിയിൽ സമർപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ വാസ്തവത്തിലുള്ള അഗ്നിയുള്ളിലാണ് ജ്യോതിരഹം ഞാൻ ജ്യോതിഷാണ് വിരജ വിപാത്മാ ഭൂയാസം ഞാൻ സർവ രജവും മനങ്ങളും ഇല്ലാത്തവനായി സർവപാപങ്ങളും നശിച്ചവനായി ഭവിക്കട്ടെ എന്ന് ദൃഢ മനസ്സോടുകൂടി അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ കരച്ചിലും പിഴിച്ചിലോടും കൂടി മൂക്ക് പിഴിഞ്ഞും കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്തോ ഭയങ്കര സംഗതി നടക്കാൻ പോവുകയാണ് ഇവിടെ അതൊക്കെ പ്രതീക്ഷിക്കുക അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചിലർക്കങ്ങനെയുണ്ട് എന്തിനും എപ്പോഴും കരയും എന്തിനും എപ്പോഴും ചിരിക്കും അതവരെ ഒരു സ്വഭാവമാണ് അപ്പൊ കന്യാസ്വായാലും ശരി എന്തായാലും ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പണ്ട് വായിച്ചു നോക്കി പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത് അപ്പൊ അത് മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ കരയുന്നവർ കരഞ്ഞോട്ടെ പക്ഷെ സങ്കടം കരയില്ല ഈ സങ്കടം വന്ന് കരയുന്നതും നല്ലതാണ് ഈ സമയത്ത് പാടില്ല സങ്കടം വന്ന് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നമ്മളെ സ്ട്രെസ്സുകൾ കുറച്ച് കുറയ്ക്കുന്നതാണ് അപ്പൊ ഇപ്പോഴുള്ള പഠനങ്ങളില് ഈ ശാസ്ത്രജ്ഞന്മാര് നമ്മളെ കണ്ണുനീരെടുത്ത് പരിശോധിച്ച് നോക്കി ഓരോ തരത്തിൽ നമ്മൾ കരയുമ്പോഴും അതിന്റെ മോളിക്യൂൾസിന് വ്യത്യാസമുണ്ടെന്ന് പിന്നെ ഈ കരയുന്നതോടുകൂടി ഒരുപാട് ടോക്സിൻസ് പുറത്തു പോകുന്നു അതുകൊണ്ട് കരച്ചത് മോശമായ കാര്യമൊന്നുമല്ല പക്ഷേ ഈ പരിപാടിയിൽ നടക്കുമ്പോൾ കരയേണ്ട എന്നെ ഞാൻ പറയുന്നേ അർത്ഥമുള്ളൂ അല്ലാതെ സമയം കരഞ്ഞോളുക ഇഷ്ടംപോലെ കഴിയുക ദൃഢമാനസിനായി ദൃഢസങ്കല്പത്തോടു കൂടി ആത്മശുദ്ധിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഈ വിരജാ ഹോമം തീർച്ചയായും ഗുണം ചെയ്യും അപ്പോൾ അത് അഗ്നിയിൽ ചെയ്യുന്നു പിന്നീട് സന്യാസി അതെല്ലാം മനസ്സിലാക്കി വെച്ചു പിന്നെ ഗുരു ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ടല്ലോ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നോണ്ട് പിന്നീട് അതെല്ലാം മനസ്സിലാക്കി മനസ്സിൽ തന്നെ ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നു ചെയ്യാമെങ്കിൽ ഇതൊന്നും ഒരു ഓർഡറല്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് ഞാൻ പറയുകയാണ് സ്മാർത്ഥസന്യാസം എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപാസനയ്ക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാമുള്ളതാണ് ഉപാസനയുടെ ഫലമായി ആത്മശ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നും ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്താണെന്ന് നമ്മുടെ ഗുരു തീരുമാനിക്കുക അതിനനുസരിച്ചാണ് ഇതൊക്കെ പൊതു ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പൊതുവായ കാര്യങ്ങളാണ് ശാസ്ത്രം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഞാൻ അതുപടി വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ ബാക്കി അതിൻ്റെ അനുഷ്ഠാനങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഗുരു നിങ്ങളോട് പറയുന്നത് അത് ചെയ്യുക അപ്പോ വിരജാഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഗായത്രി പ്രവേശം അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ ശാന്തികർമ്മം ഹൃദയാലംഭം ഇതിന്റെ ഇടയ്ക്ക് ചില കർമ്മങ്ങൾ നാമകരണം ദണ്ഡത്യാഗം ഫിനിഷ് ബാക്കി അടുത്ത